പുനരുത്ഥാന നാളിൽ നീതിപൂർവമായ തുലാസുകൾ ഞങ്ങൾ സ്ഥാപിക്കും ഒരാൾക്കും ഒട്ടും അനീതി ചെയ്യപ്പെടുകയില്ല ഒരു കടുക് മണിയോളം ഭാരമുള്ളതായാലും ഞങ്ങളത് കൊണ്ടുവരും കണക്കു നോക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങൾ മതിയായവരാണ്